പ്രവാചകൻ മുഖാന്തരം യഹോവ ബാബേലിനെക്കുറിച്ചും കൽതയദേശത്തെക്കുറിച്ചും കൽപ്പിച്ച അരുളപ്പാട് ജാതികളുടെ ഇടയിൽ പ്രസ്താവിച്ച് പ്രസിദ്ധമാക്കുവിൻ കൊടി ഉയർത്തുവിൻ മറച്ചുവെക്കാതെ ഘോഷിപ്പീൻ ബാബേൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ബേൽ ലജ്ജിച്ചുപോയി മെരോദാക് തകർന്നിരിക്കുന്നു അതിലെ വിഗ്രഹങ്ങൾ ലജ്ജിച്ചുപോയി അതിലെ ബിംബങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വടക്ക് നിന്ന് ഒരു ജാതി അതിന്റെ നേരെ പുറപ്പെട്ടു വരുന്നു അത് ആ ദേശത്തെ ശൂന്യമാക്കുന്നു അതിലാരും വസിക്കുന്നില്ല മനുഷ്യരും മൃഗങ്ങളും ഓടിപ്പോയി കളയുന്നു ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രയേൽ മക്കളും യഹൂദ മക്കളും ഒരുമിച്ച് കരഞ്ഞും കൊണ്ടുവന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് അവർ സിയോനിലേക്ക് മുഖം തിരിച്ച് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരുവിൻ മറന്നു പോകാത്തതായ ഒരു ശാശ്വത നിയമത്താൽ നമുക്ക് യഹോവയോട് ചേർന്നുകൊള്ളാം എന്ന് പറയും എന്റെ ജനം കാണാതെ പോയ ആടുകൾ ആയിത്തീർന്നിരിക്കുന്നു അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു അവർ മലയിൽ നിന്ന് കുന്നിന്മേൽ പോയി തങ്ങളുടെ കിടപ്പടം മറന്നു കളഞ്ഞു അവരെ കാണുന്നവരൊക്കെയും അവരെ തിന്നുകളയുന്നു അവരുടെ വൈരികൾ നാം കുറ്റം ചെയ്യുന്നില്ല അവർ നീതിനിവാസമായ യഹോവയോട് അവരുടെ പിതാക്കന്മാരുടെ പ്രത്യാശയായ യഹോവയോട് തന്നെ പാപം ചെയ്തുവല്ലോ എന്നു പറഞ്ഞു ബാബേലിൽ നിന്നോടി കൽദേശം വിട്ട് പോകുകയും ആട്ടിൻകൂട്ടത്തിനു മുമ്പായി നടക്കുന്ന മുട്ടാടുകളെപ്പോലെ ആയിരിപ്പീൻ ഞാൻ ബാബേലിന്റെ നേരെ വടക്കേ ദേശത്തുനിന്ന് മഹാജാതികളുടെ കൂട്ടത്തെ ഉണർത്തി വരുത്തും അവർ അതിന്റെ നേരെ അണിനിരത്തും അവിടെ വച്ച് അത് പിടിക്കപ്പെടും അവരുടെ അമ്പുകൾ വെറുതെ മടങ്ങാതെ സമർത്ഥവീരന്റെ അമ്പുകൾ പോലെ ഇരിക്കും കൽതേ കൊള്ളയിട്ട് പോകും അതിനെ കൊള്ളയിടുന്നവർക്ക് ഏവർക്കും തൃപ്തി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്റെ അവകാശം കൊള്ളയിട്ടവരെ നിങ്ങൾ സന്തോഷിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉല്ലസിക്കുന്നതുകൊണ്ട് ധാന്യം മെതിക്കുന്ന പശുക്കിടാവിനെപ്പോലെ തുള്ളിക്കളിക്കുന്നതുകൊണ്ട് ബലമുള്ള കുതിരയെപ്പോലെ നിങ്ങൾ ചിറാലിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അമ്മ ഏറ്റവും ലജ്ജിക്കും നിങ്ങളെ പ്രസവിച്ചവൾ നാണിച്ച് പോകും അവൾ ജാതികളിൽ അന്ത്യജാതിയും മരുഭൂമിയും വരണ്ട നിലവും ശൂന്യദേശവും യഹോവയുടെ ക്രോധം ഹേതുവായി അത് നിവാസികളില്ലാതെ അശേഷം ശൂന്യമായി തീരും ബാബേലിന് അരികത്തുകൂടി കടന്നുപോകുന്ന ഏവരും സ്തംഭിച്ച് അതിന്റെ സകല ബാധകളു നിമിത്തം ചൂളകുത്തും ബാബേലിന്റെ നേരെ ചുറ്റും അണിനിരത്തുവീൻ എല്ലാ വില്ലാളികളുമായുള്ളവരെ അമ്പുകളെ ലോഭിക്കാതെ അതിലേക്ക് എഴുതുവിടുവീൻ അത് യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവല്ലോ അതിനു ചുറ്റും നിന്ന് ആർപ്പിടുവീൻ അത് കീഴടങ്ങിയിരിക്കുന്നു അതിന്റെ കൊത്തളങ്ങൾ വീണുപോയി അതിന്റെ മതിലുകൾ ഇടിഞ്ഞിരിക്കുന്നു ഇത് യഹോബയുടെ പ്രതികാരമല്ലോ അതിനോട് പ്രതികാരം ചെയ്യുവീൻ അത് ചെയ്തതുപോലെ അതിനോടും ചെയ്യുവീൻ വിതയ്ക്കുന്നവനെയും കൊയ്ത്ത് അരിവാൾ പിടിക്കുന്നവനെയും ബാബേലിൽ നിന്ന് ഛേദിച്ചു കളവീൻ നശിപ്പിക്കുന്ന വാൾ പേടിച്ച് ഓരോരുത്തൻ സ്വജനത്തിന്റെ അടുക്കൽ മടങ്ങിപ്പോകുകയും സ്വദേശത്തേക്ക് ഓടിപ്പോകുകയും ചെയ്യും ഇസ്രയേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടം ആകുന്നു സിംഹങ്ങളതിനെ ഓടിച്ചു കളഞ്ഞു ആദ്യം അശ്വർ രാജാവ് അതിനെ തിന്നു ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായ നെബുഗതനെസർ അതിന്റെ അസ്ഥികളെ ഒടിച്ചു അതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ അശൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേൽ രാജാവിനെയും അവന്റെ രാജ്യത്തെയും സന്ദർശിക്കും പിന്നെ ഞാൻ ഇസ്രയേലിനെ അവന്റെ മേച്ചൽപ്പുറത്തേക്ക് മടക്കി വരുത്തും അവൻ കാർമേലിലും ബഷാനിലും മേഞ്ഞുകൊണ്ടിരിക്കും യഫ്രൈം മലനാട്ടിലും ഗിലയാദിലും മേഞ്ഞ് അവന് ഞാൻ ശേഷിപ്പിച്ചു വെക്കുന്നവരോട് ക്ഷമിക്കയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രയേലിന്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെ ഇരിക്കും യഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ദ്വിമത്സരം മെറാഥൈൻ എന്ന ദേശത്തിന്റെ നേരെ ചെല്ലുക അതിന്റെ നേരെയും സന്ദർശനം പെക്കോദ് എന്ന പട്ടണത്തിലെ നിവാസികളുടെ നേരെയും തന്നെ നീ അവരുടെ പിന്നാലെ ചെന്ന് വെട്ടി നിർമൂലനാശം വരുത്തി ഞാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുക എന്ന് യഹോവയുടെ അരിലപ്പാട് യുദ്ധത്തിന്റെ ആരവവും മഹാസംഹാരവും ദേശത്തിൽ ഉണ്ട് സർവഭൂമിയുടെയും ചുറ്റിക പിളർന്ന് തകർന്നു പോയത് എങ്ങനെ ഇടയിൽ ബാബേൽ ശൂന്യമായി തീർന്നത് എങ്ങനെ ഞാൻ നിനക്ക് കണിവെച്ചു നീ അറിയാതെ അകപ്പെട്ടിരിക്കുന്നു നിന്നെ കണ്ടെത്തി പിടിച്ചിരിക്കുന്നു യഹോവയോടല്ലോ നീ പൊരുതിയത് യഹോവ തന്റെ ആയുധശാല തുറന്ന് തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നു സൈന്യങ്ങളുടെ ഹോവയായ കർത്താവിന് കൽദേശത്ത് ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട് സകല ദിക്കുകളിൽ നിന്ന് അതിന്റെ നേരെ വന്ന് അതിന്റെ കളപ്പുരകളെ തുറപ്പീൻ അതിനെ കറ്റ പോലെ കൂമ്പാരം കൂട്ടുവിൻ അതിലൊന്നും ശേഷിപ്പിക്കാതെ നിർമൂലനാശം വരുത്തുവിൻ അതിലെ കാളയെ ഒക്കെയും കൊല്ലുവിൻ അവ കുലയ്ക്ക് ഇറങ്ങിപ്പോകട്ടെ അവർക്ക് അയ്യോ കഷ്ടം അവരുടെ നാൾ അവരുടെ സന്ദർശന വന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ ഈ പ്രതികാരം തന്റെ മന്ദിരത്തിനു വേണ്ടിയുള്ള പ്രതികാരം തന്നെ സിയോനിൽ അറിയിക്കേണ്ടതിന് ബാബേൽ ദേശത്തു നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവരുടെ ഘോഷം ബാബേലിന്റെ നേരെ വില്ലാളികളെ വിളിച്ചുകൂട്ടുവിൻ വില്ലുകൊലയ്ക്കുന്ന ഏവരുമായുള്ളവരെ അതിന്റെ നേരെ ചുറ്റും പാളയമിറങ്ങുവീൻ ആരും അതിൽ നിന്ന് ചാടിപ്പോകരുത് അതിന്റെ പ്രവർത്തിക്കത്തക്കവണ്ണം അതിന് പകരം കൊടുപ്പീൻ അത് ചെയ്തതുപോലെയൊക്കെയും അതിനോടും ചെയ്യേൻ അത് യഹോവിയോട് ഇസ്രയേലിന്റെ പരിശുദ്ധനോട് തന്നെ അഹങ്കാരം കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിലെ യൗവനക്കാർ അതിന്റെ വീഥികളിൽ വീഴും അതിലെ യോദ്ധാക്കളൊക്കെയും അന്ന് നശിച്ചു പോകുമെന്ന് യഹോവയുടെ അരിലപ്പാട് അഹങ്കാരിയെ ഞാൻ നിനക്ക് വിരോധിയായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരിലപ്പാട് നിന്റെ നാൾ ഞാൻ നിന്നെ സന്ദർശിക്കുന്ന കാലം വന്നിരിക്കുന്നു അഹങ്കാരി ഇടറിവീഴും ആരും അവനെ എഴുന്നേൽപ്പിക്കയില്ല ഞാൻ അവന്റെ പട്ടണങ്ങൾക്ക് തീവും അത് അവന്റെ ചുറ്റുമുള്ള എല്ലാവരെയും ദഹിപ്പിച്ചു കളയും സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇസ്രയേൽ മക്കളും യഹൂദ മക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവരൊക്കെയും അവരെ വിട്ടയപ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചുകൊള്ളുന്നു എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ സൈന്യങ്ങളുടെ അഹോവ എന്നാകുന്നു അവന്റെ നാമം ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും കൽതേരുടെ മേലും ബാബേൽ നിവാസികളുടെ മേലും അതിൻ്റെ പ്രഭുക്കന്മാരുടെ മേലും ജ്ഞാനികളുടെ മേലും വാൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് വമ്പു പറയുന്നവർ പോഷന്മാരാകത്ത കവണ്ണം അവരുടെ മേൽ വാൾ വരും അതിലെ വീരന്മാർ ഭ്രമിച്ചു പോകത്തക്കവണ്ണം അവരുടെ മേലും വാൾവരും അവരുടെ കുതിരകളുടെ മേലും രഥങ്ങളുടെ മേലും അതിന്റെ നടുവിലെ സർവസമ്മിശ്ര ജാതിയും സ്ത്രീകളെപ്പോലെ ആയിത്തീരത്തക്കവണ്ണം അവരുടെ മേലും വാൾവരും അതിന്റെ ഭണ്ണാരങ്ങൾ കവർന്നു പോകത്തക്കവണ്ണം അവയുടെ മേലും വാൾവരും അതിലെ വെള്ളം വറ്റിപ്പോകത്ത കവണ്ണം ഞാൻ അതിന്മേൽ വറുതി വരുത്തും അത് വിഗ്രഹങ്ങളുടെ ദേശമല്ലോ ഘോരബിംബങ്ങൾ നിമിത്തം അവർ ഭ്രാന്തന്മാരായിരിക്കുന്നു ആകയാൽ അവിടെ മരുമൃഗങ്ങൾ കുറുനരികളോടുകൂടെ പാർക്കും ഒട്ടകപ്പക്ഷിയും അവിടെ വസിക്കും ഇനി അതിൽ ഒരു നാളും കുടിപാർപ്പുണ്ടാകയില്ല അത് നിവാസികളില്ലാതെ കിടക്കും ദൈവം ശോതോമും ഗോമോരയും അവയുടെ അയൽപട്ടണങ്ങളും നശിപ്പിച്ചു കളഞ്ഞ ശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല ഒരു മനുഷ്യനും അവിടെ വസിക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് വടക്ക് ഒരു ജാതി വരുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതിയും അനേകം രാജാക്കന്മാരും ഇളകി വരുന്നു അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു അവർ ക്രൂരന്മാർ കരുണയില്ലാത്തവർ തന്നെ അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു ബാബേൽ പുത്രി അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തനും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണിനിരന്ന് നിൽക്കുന്നു ബാബേൽ രാജാവ് അവരുടെ വർത്തമാനം കേട്ടിട്ട് അവന്റെ ധൈര്യം ക്ഷയിച്ചുപോയി നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ അവനെ അതിവ്യസനവും വേദനയും പിടിച്ചു യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹമെന്നപോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും ഞാൻ തിരഞ്ഞെടുക്കുന്ന അതിനെ നിയമിക്കും എനിക്ക് സമനായവൻ ആർ എനിക്ക് നേരം കുറിക്കുന്നവൻ ആർ എന്റെ മുമ്പാകെ നിൽക്കാകുന്ന ഇടയനാർ അതുകൊണ്ട് യഹോവ ബാബേലിനെ ആലോചിച്ച ആലോചനയും കൽതെയറുടെ ദേശത്തെക്കുറിച്ച് നിരൂപിച്ചു നിരൂപണങ്ങളും കേൾപ്പീൻ ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ട് പോകും അവൻ അവരുടെ മേച്ചൽപ്പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കിക്കളയും ബാബേൽ പിടിക്കപ്പെട്ടു എന്ന ഘോഷം കൊണ്ട് ഭൂമി നടുങ്ങുന്നു അതിന്റെ നിലവിളി ജാതികളുടെ ഇടയിൽ കേൾക്കുന്നു